യഹൂദ ജനമൊക്കെയും പതിനാറ് വയസ്സ് പ്രായമുള്ള ഉസിയാവെ കൂട്ടിക്കൊണ്ടുവന്ന് അവന്റെ അപ്പനായ അമസിയാവിന് പകരം രാജാവാക്കി രാജാവ് തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ച ശേഷം ഏലോത്തിനെ പണിതും അതിനെ യഹൂദയ്ക്ക് വീണ്ടുകൊണ്ടതും ഇവൻ തന്നെ ഉസ്യാവ് വാഴ്ച തുടങ്ങിയപ്പോൾ അവന് പതിനാറ് വയസ്സായിരുന്നു അവൻ അമ്പത്തിരണ്ട് സംവത്സരം യരുഷലേമിൽ വാണു അവന്റെ അമ്മയ്ക്ക് യഘോല്യ എന്ന് അവൾ യെരുശലേം കരുത്തി ആയിരുന്നു അവൻ തന്റെ അപ്പനായ അമ്മസ്യാവ് ചെയ്തതുപോലെയൊക്കെയും യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു ദൈവഭയത്തിൽ അവനെ ഉപദേശിച്ചുവന്ന ഖരിയാവിന്റെ ആയുഷ്കാലത്ത് അവൻ ദൈവത്തെ അന്വേഷിച്ചു അവൻ യഹോവയെ അന്വേഷിച്ച കാലത്തോളം ദൈവം അവന് അഭിവൃദ്ധി നൽകി അവൻ പുറപ്പെട്ട് ഫെലിസ്തരോട് യുദ്ധം ചെയ്ത് ഗത്തിന്റെ മതിലും യാബ്നയുടെ മതിലും അസ്തോതിന്റെ മതിലും ഇടിച്ചു കളഞ്ഞു അസ്തോത് നാട്ടിലും ഫെലിസ്തരുടെ ഇടയിലും പട്ടണങ്ങൾ പണിതുവം പെലിസ്തൃക്കും ഗൂർബാലിൽ പാർത്ത അരാബ്യർക്കും മെയ്യൂന്യർക്കും വിരോധമായി അവനെ സഹായിച്ചു അമ്മൂന്യരും ഉസിയാവിനെ കാഴ്ച കൊണ്ടുവന്നു അവൻ അത്യന്തം പ്രബലനായി തീർന്നതുകൊണ്ട് അവന്റെ ശ്രുതി മിശ്രയും വരെ പരന്നു ഉസിയാവ് യരുഷലേമിൽ കോൺവാതിക്കലും താഴ്വരവാതിക്കലും തിരിവിങ്കലും ൾ പണിത് ഉറപ്പിച്ചു അവന് താഴ്വീതിയിലും സമഭൂമിയിലും വളരെ കന്നുകാലികൾ ഉണ്ടായിരുന്നതുകൊണ്ട് അവൻ മരുഭൂമിയിൽ ഗോപുരങ്ങൾ പണിതു അനേകം കിണറും കുഴിപ്പിച്ചു അവൻ കൃഷിപ്രിയനായിരുന്നതിനാൽ അവന് മലകളിലും കാർമേലിലും കൃഷിക്കാരും മുന്തിരിത്തോട്ടക്കാരും ഉണ്ടായിരുന്നു ഉസിയാവിന് പടയാളികളുടെ ഒരു സൈന്യവും ഉണ്ടായിരുന്നു അവർ രാജസക്കാരനായ എലും പ്രമാണിയായ മയശേയവും എടുത്ത എണ്ണപ്രകാരം ഗണം രാജാവിന്റെ സേനാപതികളിൽ ഒരുവനായ ഹനന്യാവിന്റെ കൈക്കീഴെ യുദ്ധത്തിന് പുറപ്പെടും യുദ്ധവീരന്മാരായ പിതൃഭവന തലവന്മാരുടെ ആകത്തുക അറുന്നൂറ് അവരുടെ അധികാരത്തിൻകീഴിൽ ശത്രുക്കളുടെ നേരെ രാജാവിനെ സഹായിപ്പാൻ മഹാവീര്യത്തോടെ യുദ്ധം ചെയ്തു വന്നവരായി മൂന്ന് ലക്ഷത്തി ഏഴായിരത്തി പേരുള്ള ഒരു സൈന്യബലം ഉണ്ടായിരുന്നു ഉസിയാവ് അവർക്ക് സർവസൈന്യത്തിനും തന്നെ പരിച കുന്തം തലക്കോരിക കവചം വില്ല് കവിണക്കല്ല് എന്നിവ ഉണ്ടാക്കി ൊടുത്തു അവൻ അസ്ത്രങ്ങളും വലിയ കല്ലുകളും പ്രയോഗിപ്പാൻ ഗോപുരങ്ങളുടെയും കൊത്തളങ്ങളുടെയും മേൽവെക്കേണ്ടതിന് കൌശലപ്പണിക്കാർ സങ്കല്പിച്ച യന്ത്രങ്ങൾ എരുശിലേമിൽ തീർപ്പിച്ചു അവൻ പ്രബലനായി തീരുവാൻ തക്കവണ്ണം അതിശയമായി അവന് സഹായം ലഭിച്ചതുകൊണ്ട് അവന്റെ ശ്രുതി ബഹുദൂരം പരന്നു എന്നാൽ അവൻ ബലവാനായപ്പോൾ അവന്റെ ഹൃദയം അവന്റെ നാശത്തിനായിട്ട് നിഗളിച്ചു അവൻ തന്റെ ദൈവമായ യഹോവയോട് കുറ്റം ചെയ്ത് ധൂപപീഠത്തിന്മേൽ ധൂപം കാട്ടുവാൻ യഹോവയുടെ ആലയത്തിൽ കടന്നു ചെന്നു അസരിയ പുരോഹിതനും അവനോടുകൂടെ ധൈര്യശാലികളായി യഹോവയുടെ എൺപത് പുരോഹിതന്മാരും അവന്റെ പിന്നാലെ അകത്തു ചെന്ന് ഉസിയ അവനോട് ഉസിയാവെ യഹോവയ്ക്ക് ധൂപം കാട്ടുന്നത് നിനക്കുവിഹിതമല്ല ധൂപം കാട്ടുവാൻ വിശുദ്ധീകരിക്കപ്പെട്ട അഹരോണ്യരായ പുരോഹിതന്മാർക്കത്ര വിശുദ്ധമന്ദിരത്തിൽ നിന്ന് പൊയ്ക്കൊള്ളുക ലംഘനമാകുന്നു നീ അത് നിന്റെ ദൈവമായ യഹോവയുടെ മുമ്പാകെ നിനക്ക് മാനമായിരിക്കേയില്ല എന്നു പറഞ്ഞു ധൂപം കാട്ടുവാൻ കയ്യിൽ ധൂപകലശം പിടിച്ചിരിക്കെ ് കോപിച്ചു അവൻ പുരോഹിതന്മാരോട് കോപിച്ചുകൊണ്ടിരിക്കയിൽ തന്നെ യഹോവയുടെ ആലയത്തിൽ ധൂപപീഠത്തിന്റെ അരികെ വെച്ച് പുരോഹിതന്മാർ കാണെ അവന്റെ നെറ്റിമേൽ കുഷ്ഠം പൊങ്ങി മഹാപുരോഹിതനായ അസരിയാവും സകല പുരോഹിതന്മാരും അവനെ നോക്കി അവന്റെ നെറ്റിയിൽ കുഷ്ടം പിടിച്ചിരിക്കുന്നത് കണ്ടിട്ട് അവനെ ക്ഷണം അവിടെ നിന്ന് പുറത്താക്കി ഹോവ തന്നെ ബാധിച്ചതുകൊണ്ട് അവൻ തന്നെയും പുറത്തു പോകുവാൻ ബന്ധപ്പെട്ടു അങ്ങനെ ഉസിയ രാജാവ് ജീവപര്യന്തം കുഷ്ഠരോഗിയായിരുന്നു അവൻ യഹോവയുടെ ആലയത്തിൽ നിന്ന് ഭ്രഷ്ടനായിരുന്നതിനാൽ ഒരു പ്രത്യേക ശാലയിൽ കുഷ്ഠരോഗിയായി താമസിച്ചു അവന്റെ മകനായ യോദ്ധാം രാജധാനിക്ക് മേൽവിചാരകനായി ദേശത്തിലെ ജനത്തിന് ന്യായപാലനം ചെയ്തു വന്നു ഉസിയാവിന്റെ മറ്റുള്ള വൃത്താന്തങ്ങൾ ആദ്യ അവസാനം മകനായ യഷയ്യാ പ്രവാചകൻ എഴുതിയിരിക്കുന്നു ഉസിയാവ് അവന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു അവൻ കുഷ്ഠരോഗിയല്ലോ എന്ന് പറഞ്ഞ് അവർ രാജാക്കന്മാർക്കുള്ള ശ്മശാന ഭൂമിയിൽ അവന്റെ പിതാക്കന്മാരുടെ അടുക്കൽ അവനെ അടക്കം ചെയ്തു അവന്റെ മകനായ യോദ്ധാം അമനു പകരം രാജാവായി